ഓ പ്രവാചകരെ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക നിങ്ങളിൽ ക്ഷമയുള്ള ഇരുപതു പേരുണ്ടെങ്കിൽ അവർ ഇരുന്നൂറ് പേരെ തോൽപ്പിക്കും നിങ്ങളിൽ നൂറുപേരുണ്ടെങ്കിൽ അവർ സത്യനിഷേധികളായ ആയിരം പേരെ തോൽപ്പിക്കും കാരണം അവർ വിവേകമില്ലാത്ത ജനതയാകുന്നു